നമ്മളുടെ ലൗകിക ജീവിതത്തിൽ ഭാവന സുഖകരമാണെങ്കിൽ നമ്മൾ പലപ്പോഴും അത് ഉപേക്ഷിക്കില്ല അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഭഗവാൻ ദുഃഖം കൊണ്ട് തരുമ്പോ നമുക്ക് അനുഗ്രഹമായിട്ട് തീരും സ്വപ്നമാണെങ്കിലും സ്വപ്നം സുഖമായിരിക്കുമ്പോൾ ആരോ എഴുന്നേക്കാൻ കൂട്ടാക്കില്ല അല്ലെ സ്വപ്നത്തിലെ അക്ബർ ചക്രവർത്തിയാണ് എന്നൊക്കെ സ്വപ്നം കാണുകയാണേ എഴുന്നേൽപ്പിച്ചു വിട്ടപ്പോ ആകപ്പാടവിടെ പഷ്ണിയാണ് പോണത് വലിയൊരു ചക്രവർത്തി പദവും സാമ്രാജ്യവും ഒക്കെയാണ് നഷ്ടപ്പെടുന്നത് സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ അപ്പൊ എഴുന്നേൽക്കുമ്പോ ഇഷ്ടാവില്ല സ്വപ്നത്തിൽ ദാരിദ്ര്യമാണെങ്കിൽ എഴുന്നേൽപ്പിച്ച് വിട്ട അപ്പാ നല്ല സമാധാനം അപ്പൊ സ്വപ്നത്തിൽ ദുഃഖം ഉണ്ടാവുമ്പോ എഴുന്നേറ്റാൽ എല്ലാവർക്കും നല്ലതാണ് അതേപോലെ ദുഃഖം നമ്മളുടെ ലൗകിക ജീവിതത്തിൽ വിവേകമുണ്ടായ ദുഃഖം ഉണ്ടാവും അതൊരു നിയമാണ് അതുകൊണ്ട് വിവേകം ഇത്തിരി അപകടമുള്ള കാര്യമാണ് നിങ്ങളൊക്കെ സത്സംഗത്തിൽ വന്നു കഴിഞ്ഞു ഏറ്റവും അപകടം പിടിച്ച സ്ഥലമാണ് ഈ സത്സംഗം ഇനി രക്ഷപ്പെടാനും പറ്റില്ല ഇനി അങ്ങു പോവുകയെ നിവൃത്തിയുള്ളൂ ഭാഗവതത്തിൽ പറയണു രണ്ടുപേര് സുഖമായിരിക്കും യശമൂഢതമോലോക്കെ ആര് അത്യധികം മഠയനോ അവൻ സുഖമായിരിക്കും യസ്തു ബുദ്ധേഹേ പരംഗത ബുദ്ധിയുടെ അപ്പുറം പോയവനോ സുഖമായിരിക്കും ക്ലിശ്യതി അന്തരിതോ ജനഹ എന്നാണ് നടുവിലുള്ളവരുടെ കാര്യമൊക്കെ കഷ്ടമാണെന്നാണ് ില്ലത്ത് നിന്ന് വിട്ടു അമ്മാൊട്ട് എത്തിയല്ലെന്നുള്ളവൻ നമ്മൾക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല മൂടനാവാൻ പറ്റില്ല ബുദ്ധി ശരിക്ക് ഉപയോഗിച്ച് വിചാരം ചെയ്ത് അറിഞ്ഞ് അങ്ങട് കിടക്കുകയും നിവൃത്തിയുള്ളൂ അതുകൊണ്ട് ഈ ഏട്ടക്ക് വെച്ച് ബുദ്ധിയെ വിട്ടിട്ടും കാര്യമില്ല ബുദ്ധിയെ കൊണ്ട് ശരിക്ക് അറിഞ്ഞ് വിചാരം ചെയ്ത് അപ്പുറം കിടക്കണം വിവേകമുണ്ടായാൽ നമ്മൾ പതുക്കെ പതുക്കെ കാണും ലോകത്തിൽ ദുഃഖമുണ്ടെന്ന് കാണും ഇന്ന് ആളുകൾ വളരെ എളുപ്പത്തിൽ കാണുന്നുണ്ട് ലോകത്തിൽ ദുഃഖമുണ്ടെന്ന് കാണുന്നുണ്ട് കാരണം ഒരു രോഗമില്ലാത്തവനും ആരോഗ്യമാസുകയോ വേണ്ടാത്തതൊക്കെ വായിച്ചിട്ട് എല്ലാ രോഗങ്ങളെക്കുറിച്ചും അറിഞ്ഞു വയ്ക്കുകയാണ് അവനെങ്ങനെ ദുഃഖിക്കാതിരിക്കും ധാരാളം പണമുള്ളവനും പണം നഷ്ടപ്പെടുന്നതിനെ ഭാവന ചെയ്യുകയും സിനിമ കാണുകയും മറ്റുമൊക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ പത്രത്തിൽ ഷെയർ മാർക്കറ്റ് പൊളിയുന്നതൊക്കെ കണ്ടിട്ടോ ഒക്കെ വിഷമിക്കുകയാണ് കുട്ടികൾ ചെറുപ്പക്കാർക്കൊക്കെ ബിപിയും ഡയബറ്റീസും ഒക്കെ വരികയാണ് ഇതൊക്കെ മുമ്പിൽ കാണുമ്പോൾ ദുഃഖമുണ്ട് എന്ന് അറിയാൻ ഒരു സർവം ദുഃഖം വിവേകിനാം പതഞ്ജലി പറയാണ് വിവേകം ആൾക്ക് സർവത്ര ദുഃഖം ഉണ്ടാവുന്നതാണ് ദുഃഖദർശനം ഹേയം ദുഃഖം പതഞ്ജലി തന്നെ പറഞ്ഞു അനാഗതമായ ദുഃഖത്തിന് വേണമെങ്കിൽ വേണ്ട ഇനിയും വന്നിട്ടില്ലെങ്കിൽ അതിന് വേണ്ടാ വയ്ക്കാം എങ്ങനെ വേണ്ട വയ്ക്കും ദുഃഖിപ്പിക്കുന്ന ആദ്യമേ വിട്ടാൽ നമുക്ക് ആ ദുഃഖം വരില്ല നമ്മൾ ഏതേത് പദാർത്ഥത്തിനെ നമ്മളുടേത് എന്ന് അഭിമാനിക്കുന്നുവോ അതാത് പദാർത്ഥം നമ്മളെ അടിമയാക്കും ഇത് നിയമമാണ് നമ്മൾ വിചാരിക്കണോ വസ്തുക്കളെ സ്വീകരിച്ചാൽ ആ വസ്തു എന്റെ ആകുന്നു എന്നാണ് പക്ഷെ വാസ്തവത്തിൽ ഞാൻ ആ വസ്തുവിന്റെ ആണ് ഞാൻ ഒരു കാറ് വാങ്ങുമ്പോൾ കാറിനും മമതയില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന ആളുടെ കാറാണെന്ന് കാറ് വിചാരിക്കില്ല പക്ഷെ ഞാനാണ് വിചാരിക്കുന്നത് എന്റെ കാറാണെന്ന് ആ കാറിനെ ചിന്തയും ടെൻഷനും വിഷമങ്ങളും എനിക്കാണ് ഒരു നായിനെ തെരുവിൽ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നായിക്ക് എന്റെ കൂടെ വരണമെന്നൊന്നും നിർബന്ധമില്ല എനിക്കാണ് നിർബന്ധം നായി എന്റെ കൂടെ വരണമെന്ന് അതുകൊണ്ട് ഞാൻ നായിനെ വിടില്ല നായി വേണമെങ്കിൽ ഞാൻ വിട്ടാതെ അതിൻ്റെ പാട്ടിൽ പോകും ഏത് പദാർത്ഥവും ഞാൻ പിടിക്കുമ്പോൾ ആ പദാർത്ഥം എന്നെ പിടിക്കും പിടിക്കുന്നത് വെച്ചാൽ എന്റെ മമത കൊണ്ടാണോ പിന്നെ അതിൽ നിന്ന് എനിക്ക് ദുഃഖം ഉണ്ടാവും ദുഃഖത്തിനപ്പ കാരണം എന്താ മമതയാണ് വസ്തുക്കളൊന്നുമല്ല ദ്രവ്യം ക്രിയാ ഭാവന മൂന്നിൽ നിന്നും ദുഃഖം ഉണ്ടാവും ഭാഗവതത്തിൽ നാരദ മഹർഷി സപ്തമസ്കന്ധത്തിൽ ഇതൊക്കെ പറയുന്നു ദ്രവ്യം ക്രിയാ ഭാവന മൂന്ന് മണ്ഡലത്തിലും ആര് അദ്വൈതജ്ഞാനം ശീലിക്കുന്നു അവർക്ക് മൂന്നും ഒഴിഞ്ഞു പോകുമെന്ന് നാരദൻ അവിടെ തന്നെ പറയുന്നുണ്ട് ഭാവാദ്വൈതം ക്രിയാദ്വൈതം ദ്രവ്യാദ്വൈതം എന്ന് ദ്രവ്യാദ്വൈതം എന്താന്ന് വെച്ചാൽ ഒരു ദ്രവ്യവും എന്റെ ദ്രവ്യങ്ങളൊക്കെ ഇവിടെയുണ്ട് വേണ്ടപ്പോടുത്ത് ഉപയോഗിക്കണു വ്യവഹരിക്കാം പക്ഷെ എന്റെ വേണ്ട എനിക്ക് വേണ്ടപ്പോ എന്തുണ്ടോ വ്യവഹരിക്കാം വേണ്ടാത്തപ്പോ ആറ് വേണമെങ്കിൽ ആര് വേണമെങ്കിൽ ഉപയോഗിച്ചോട്ടെ ഒരു ദ്രവ്യവും എൻ്റെ എന്നുള്ള സീൽ വെക്കാതെ ഉപയോഗിക്കാമെങ്കിൽ ദ്രവ്യങ്ങൾ എന്നെ ബന്ധിക്കില്ല അതേപോലെ കർമ്മം ഒരു കർമ്മവും എന്റെ അല്ല ഒരു കർമ്മവും ഞാൻ ചെയ്യുന്നില്ല കർമ്മമൊക്കെ പ്രകൃതിയിലുണ്ട് ശരീരം പ്രവർത്തിക്കുന്നു ഞാൻ കർത്താവോ ഭോക്താവോ അല്ല എന്ന് ആര് വിട്ടുമാറുന്നു അവൻ കർമ്മഭ്രമത്തിൽ നിന്നും വിട്ടുമാറും ഭ്രമത്രയം എന്നാണ് പറയണം മൂന്ന് ഭാവന ഭാവനയിൽ ഞാൻ എന്നൊരു പേഴ്സണാലിറ്റിയും മറ്റുള്ളവരൊക്കെ വേറെയും ഞാൻ എന്താണ് ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് എന്ന് സൂക്ഷ്മമായി വിചാരം ചെയ്തു നോക്കുമ്പോൾ ഞാൻ എന്നുള്ള ഈ വ്യക്തിബോധം സത്യമേ അല്ല അവിടെ അഖണ്ഡമായ സത്ത് പൂർണ്ണമായ ചിത്ത് മാത്രമേ അവിടെ ഉള്ളൂ വേറൊന്നുമില്ല അപ്പൊ വ്യക്തിഭ്രമം കർമ്മഭ്രമം ദ്രവ്യഭ്രമം എന്നു മൂന്നും വിട്ടുപോയാൽ ജീവൻ സ്വതന്ത്രനാവും കുറച്ച് സ്വതന്ത്രമായ പ്രഭാഷണമാണ് കാരണം ഇപ്പോൾ മോള് പോയിട്ട് ഇനിയിപ്പോ ചോട്ടിലേക്ക് വരാൻ ഇഷ്ടമില്ല അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കാം ഉപാധിയിൽ നിന്നും സ്വതന്ത്രനായാൽ മുക്തനായി പോകും ഇതൊക്കെ അല്പം ഗീതയില് കൃഷ്ണൻ തന്നെ കൃഷ്ണന് തന്നെ നമ്മളുടെ ദൗർബല്യ അതുകൊണ്ട് കൃഷ്ണൻ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞത് മുഴുവനൊന്നും നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കിയിട്ടില്ലെങ്കിലും വേണ്ടില്ല സ്വല്പമപ്യ ധർമ്മസ്യത്രായതേ മഹതോ ഭയാത് അല്പം എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ തന്നെ നീ രക്ഷപ്പെടുന്നതാണ് അപ്പൊ ഒക്കെ അറിഞ്ഞിട്ടാണോ നമ്മൾ ഇരിക്കണത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ പത്ത് പതിനഞ്ച് വർഷം സ്കൂളിൽ പഠിച്ചിട്ട് യാതൊന്നും അറിയണില്ല അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി ഒന്നും ചോദിച്ചാൽ ഒന്നും അറിയില്ല ഒക്കെ പഠിച്ചു ഒക്കെ മറന്നും പോയി അതുപോലെ എന്തൊക്കെയോ വേസ്റ്റ് ചെയ്തു അതേപോലെ ഈ ബ്രഹ്മവിദ്യയിലും സ്വല്പം സ്വല്പമായി പ്രയത്നിക്കാം അതിലൊരു അല്പമുള്ളിൽ ചെന്നാൽ തന്നെ നമുക്ക് വലിയ ഗുണം പതുക്കെ പതുക്കെ പതുക്കെ നമുക്ക് തെളിയും ഈ ദേഹം ഞാനല്ല ദേഹം എന്റെ അല്ല ദേഹം എനിക്ക് വേണ്ടിയല്ല ദേഹം ഭഗവാന്റെ കയ്യിൽ വരും യന്ത്രമാണ് ഭഗവാൻ മാത്രമാണ് സത്യവസ്തു ഭഗവാനിൽ നിന്ന് അന്യമായ ഒരു വസ്തു ഇല്ല ആ ഭഗവാൻ ഈ ശരീരത്തിനെ യന്ത്രമാക്കി വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഭഗവാൻ തന്നെ ഉള്ളിലിരുന്ന് മനസ്സിനെ പ്രവർത്തിക്കുന്നു ഭഗവാൻ തന്നെ ഉള്ളിലിരുന്ന് ബുദ്ധിയെ പ്രവർത്തിക്കുന്നു ഞാനെന്നൊരു അഭിമാനം നമ്മളെ സ്ഥൂലമായി വെച്ചാലും ഈ അഭിമാന രൂപിയായ ഞാൻ ആ ഭഗവാന്റെ കയ്യിൽ യന്ത്രം മാത്രമാണ് അവൻ എങ്ങനെ ഇരുത്തണോ അങ്ങനെ ഇരിക്കണോ എന്ത് ചെയ്യിപ്പിക്കണോ അങ്ങനെ ചെയ്യണു എന്ത് ചിന്തിപ്പിക്കണോ അതുപോലെ ചിന്തിക്കണം എനിക്ക് യാതൊരു സ്വതന് സ്വാതന്ത്ര്യവും ഇല്ല ഞാൻ സമ്പൂർണമായും സ്വതന്ത്രനായിട്ട് തീരും ഒരു കൊച്ചു കുട്ടിക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല അമ്മയുടെ കയ്യിലിരിക്കുന്ന കുട്ടിക്ക് പക്ഷെ കുട്ടി സമ്പൂർണമായും സ്വതന്ത്രനാണ് സംരക്ഷയിലാണ് സുരക്ഷിതനാണ് അതേപോലെ അകമേയുള്ള അന്തര്യാമിയുടെ കയ്യിൽ ഞാൻ പറയുന്ന ഈ ജീവാഹന്ത തന്റെ വ്യക്തിസത്തയെ ഉപേക്ഷിച്ചാൽ ആ അന്തര്യാമിയുടെ കയ്യിൽ യന്ത്രമാണ് താനെന്ന് അറിഞ്ഞുകൊണ്ട് ജീവാഹന്ത ഇല്ലാതെ ശരീരത്തിൽ ഇരിക്കാൻ പറ്റില്ല ഈ ജീവാഹന്ത ഭ്രമമാണെങ്കിലും സ്വപ്നത്തിലെ വ്യക്തി സത്യമല്ലെങ്കിലും സ്വപ്നം കാണുമ്പോൾ ഇരിക്കുന്ന പോലെ ശരീര തലത്തിൽ നമ്മൾ ജാഗ്രതയിലിരിക്കുന്നവരെ ഞാൻ ഇയാളാണ് ഇന്നയാളാണെന്നൊക്കെ പറയും അങ്ങനെ പറഞ്ഞാലും ആ പറയുന്നതിന് വലിയ ബലമൊന്നും ഉണ്ടാവില്ല അതിന് പുറകിൽ ആ ഭഗവാന്റെ ദാസനാണ് ഭഗവാന്റെ കയ്യിൽ യന്ത്രമാണ് ഭഗവാനാണ് എന്നെ നടത്തുന്നത് ഭഗവാന്റെ കുട്ടിയാണ് ഞാൻ എന്നൊക്കെ ഒരു ഭാവന ഭക്തിഭാവത്തിൽ അങ്ങനെ വെച്ചുകൊള്ളാം ജ്ഞാനഭാവത്തിലാണെങ്കിലോ ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ അതിന് ബ്രഹ്മം എന്നു പേര് അതുമാത്രമേ ഉള്ളൂ ഞാൻ എന്ന് പറയണ ഈ അഹങ്കാരം ഒരു തോന്നലാണ് സത്യമായ ആ വസ്തു മാത്രമേ ഉള്ളൂ എങ് ഏതു ഭാവത്തിലാണെങ്കിലും വേണ്ടില്ല ഈ സത്യത്തിനെ പ്രബലമായും സ്വീകരിക്കണം വരിക്കണം സത്യത്തിനെ വരിച്ചാൽ സത്യം നമ്മളെ വരിക്കും സത്യം നമ്മളെ വരിച്ചാൽ അത് സ്വയമേവ വെളിവാക്കിത്തരും യമേവൈഷ വൃണുതേ തേന ലഭ്യാ തസീഷ ആത്മാവൃണു തനു സ്വാം എന്ന് ഉപനിഷത്തിൽ ഒരു മന്ത്ര ഉണ്ട് ആചാര്യസ്വാമികൾ അതിന് ഭാഷ്യത്തിൽ പറയുന്നു യമേവേഷ സാധക വൃണുതേ ഈ സാധകൻ ഏതൊരാത്മാവിനെ തന്നെ വരിക്കുന്നുവോ അവൻ ഈ ആത്മാവ് സ്വയമേവ തന്നെ പ്രകാശിപ്പിച്ചു കൊടുക്കുന്നു ആദ്യം നമ്മളുടെ പണി എന്താ സത്യത്തിനെ സ്വീകരിക്കുക സ്വീകരിച്ചാൽ സത്യം നമ്മളിലേക്ക് അറിഞ്ഞുവരും അനുഭവത്തിൽ വരും തെളിഞ്ഞു തെളിഞ്ഞു വരും പ്രകാശിച്ചുവരും സ്വാനുഭവസിദ്ധി ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുമ്പോ സത്വഗുണം രജോ ഗുണം എന്നുള്ളതൊന്നും ന ശുക്ലം നൃഷ്ണം ന രക്തം ന പീതം ന നരൂപം തഥാ ജ്യോതിരാകാരകത്വാ തദേകോവശിഷ്ട ശിവ കേവലോഹം ഞാൻ ശുദ്ധശിവമാണ് സത്വമോ രജസോ തമസോ ഗുണങ്ങളൊന്നുമല്ല എന്ന് വീണ്ടും വീണ്ടും ധ്യാനിക്കുക അങ്ങനെ ധ്യാനിച്ചാൽ ഗുണാതീതനായിട്ട് പോകും ഗുണങ്ങളൊന്നും ബാധിക്കില്ല ഇതാണ് വേദാന്ത നിരുക്തി സിദ്ധാന്തം എന്ന് പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും ഗുണത്രയ വിഭാഗത്തിലേക്ക് വരാം ഇന്നലെയും മെഴിഞ്ഞാമുമായി സത്വഗുണം രജോ ഗുണം തമോ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് ഭഗവാന്റെ സ്വരൂപം രണ്ട് മൂലപ്രകൃതി മൂലപ്രകൃതിയിൽ ശരീരം മനസ്സ് ബുദ്ധി ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തിത്വം ഒക്കെ ഉണ്ട് ആ പ്രകൃതിയുടേതാണ് സത്വഗുണം രജോ ഗുണം തമോ ഗുണമൊക്കെ അതൊന്നും നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിന്റെ അല്ല പക്ഷെ നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം ഈ മായയുടെ മണ്ഡലം നമ്മളുടെ മുമ്പിലുണ്ട് സത്യത്തിനെ അറിയണം ണംയെ അറിയുകയോ ആശ്രയിക്കുകയോ ചെയ്യരുത് സത്യത്തിനെ അറിഞ്ഞ് ആശ്രയിക്കുക മായയെ വ്യവഹരിക്കുക എമ്മടെ ഭഗവാൻ തമിഴില് ഒരു പാട്ടില് പറഞ്ഞു ഭഗവാന്റെ പാർഷവന്മാരില് പ്രമുഖനായി മൃഗനാഥസ്വാമി എനിക്ക് ആത്മാനുഭവം തരൂ എന്ന് ചോദിക്കുമ്പോൾ മഹർഷി പറയാണ് ഇരുന്തപടിക്കേ ഇരുണ്ടാണ് സത്യത്തിനെ അറിയുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇരുന്തപടിക്കേ ഇരു തന്നിലേ ഇരിക്കൂ എന്നാണ് അപ്പോ ലോകവ്യവഹാരമൊക്കെ എങ്ങനെ ചെയ്യും ഇത് പ്രകൃതിയുടെ മണ്ഡലത്തിലുള്ള ചോദ്യമാണ് പ്രകൃതിയുടെ മണ്ഡലത്തിൽ ലോകവ്യവഹാരം എങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇറൈവൻ അരുൾ ശലുത്തും വഴിക്കേണ്ടാൻ സ്വരൂപത്തിൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കൂ എന്നുവെച്ചാൽ സത്യത്തിനെ അറിയൂ സ്വഭാവത്തിൽ പ്രകൃതിയുടെ മണ്ഡലത്തിലോ അതെങ്ങനെ വ്യവഹരിക്കണോ അതുപോലെ വ്യവഹരിക്കൂ ഞാൻ കർത്താവോ ഭോക്താവോ അല്ല എന്ന് പറഞ്ഞ് വ്യവഹാരം നടക്കട്ടെ സത്യത്തിൽ ആ അറിഞ്ഞ ആ വസ്തുവിനെ മറന്നുകളയാതെ ലോകത്തിൽ വ്യവഹരിക്കും ഇരുന്തപടിക്ക് ഇരു ശലുത്തും വഴിക്കേൽ താൻ എന്നുറച്ച അളവ് ഉറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ താൻ താനായിരിക്കുക പ്രവൃത്തി എങ്ങനെയോ അങ്ങനെ ചെയ്യുക നമ്മൾക്ക് ഭഗവാൻ ഏത് സ്വധർമ്മം തന്നിരിക്കുന്നുവോ ആ സ്വധർമ്മത്തിനനുസരിച്ച് സത്വഗുണമാണെങ്കിൽ സത്വഗുണം ഭാഗവതത്തിൽ കാളീയ ചെയ്തിട്ട് കൃഷ്ണൻ കാളിയനെ ഉദ്വാസനം ചെയ്യാണ് അപ്പോ കാളിയ പത്നികളൊക്കെ വന്ന് കൃഷ്ണനോട് പറഞ്ഞു ഞങ്ങളുടെ ഭർത്താവിൻ്റെ ജീവൻ തരണം എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോ കൃഷ്ണൻ പറഞ്ഞു എനിക്ക് കാളിയനോട് വിരോധമൊന്നുമില്ല കാളിയൻ പക്ഷെ ഈ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് വന്നിരുന്ന് ഈ കാളിന്തി നദിയിലും മുഴുവൻ യമുനയിലും മുഴുവൻ വിഷം കലക്കാണ് അപ്പൊ കാളിയൻ വിട്ടുകൊടുത്തില്ല കാളിയൻ ഭഗവാനോട് പറഞ്ഞു വിഷം ഇപ്പൊ ഞാൻ അങ് എന്ത് തന്നിട്ടുണ്ടോ അതല്ലേ എനിക്ക് കക്കാൻ പറ്റുള്ളൂ അങ്ങ് വഷം തന്നിരിക്കണു ഞാൻ വഷം കക്കണു അങ് അമൃതാണ് തന്നതെന്ന് ഞാൻ അമൃത് കക്കാം വയം ഖലാഹാ സഹോത്പത്യാ താമസാഹ ദീർഘമന്യവഹ സ്വഭാവോ ദുസ്ത്യജോനാഥ ഭഗവാന് അവരവരുടെ സ്വഭാവത്തിനെ എങ്ങനെ ഉപേക്ഷിക്കും ഞങ്ങൾ ജന്മനാ തന്നെ ഇങ്ങനെയാണ് ദീർഘമന്യവഹ വളരെ കോപമുള്ള കുടുംബത്തിൽപ്പെട്ടവരാണ് വിഷം ഞങ്ങളിൽ ഉണ്ട് ഞാൻ എന്ത് ചെയ്യും നല്ല ചോദ്യമാണത് പ്രകൃതി ഒരാൾ ആ പ്രകൃതിയിൽ ജനിച്ചാൽ ആ പ്രകൃതിക്ക് എങ്ങനെയാണ് അതെന്നൊരു വിമുക്തി ഒറ്റ ഉള്ളൂ ആ പ്രകൃതിയിൽ നിന്നും പിൻവലിഞ്ഞ് ഇത് പ്രകൃതിയാണെന്നും താൻ പുരുഷനാണെന്നും മാറി നിൽക്കുന്ന സ്വാതന്ത്ര്യമേ ഉള്ളൂ പുറത്തേക്ക് ചാടുക ഇത് പ്രകൃതിയാണ് അപ്പൊ എന്താവും പ്രകൃതിയിൽ എന്ത് ദൂഷ്യം ഉണ്ടെങ്കിൽ ആ ദൂഷ്യം നമ്മളെ ബാധിക്കാതെ ആവും മാത്രമല്ല ആരോരുത്തൻ പ്രകൃതിയിൽ നിന്നും പിൻവലിഞ്ഞ് സ്വരൂപത്തിൽ നിൽക്കുന്നുവോ അവന്റെ പ്രകൃതിയിൽ എന്തെങ്കിലും ദൂഷ്യമുണ്ടെങ്കിൽ തന്നെ ആ ദൂഷ്യം പോലും ലോകത്തിന് അനുഗ്രഹമായിട്ട് തീരും അതിന് ഉദാഹരണമാണ് നാരദന്റെ ഏഷണയും ദുർവാസാവിന്റെ കോപവുമൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ ദുർവാസാവും നാരദ മഹർഷിയും ഒക്കെ ജ്ഞാനികളാണ് പക്ഷെ നാരദൻ ഏഷന ഉണ്ടാക്കിയാലും അവസാനം മംഗളമായിട്ട് തീരും ആരുടെയും കൂടുതലുമൊക്കെ അഹങ്കാരം പൊട്ടും അവർക്കും നന്മ എല്ലാവർക്കും നന്മയുണ്ടാവും ദുർവാസാവ് കോപിച്ച് ശപിച്ചാൽ ആ ശാപത്തിന് ആഫ്റ്റർ ഇഫക്റ്റ് നല്ലതായിരിക്കും അതായത് അവര് ആ കോപത്തിനെ ഒന്നും ദുർവാസാവിന് വേണമെങ്കിൽ ഇത്ര തപസ് ചെയ്യുന്ന ആൾക്ക് കോപത്തിനെ മാറ്റിക്കൂടെ അയാള് ജന്മനാ ക്രോധ സമുഭവനാണ് ക്രോധത്തിൽ നിന്ന് തന്നെ ഉണ്ടായ ആളാണ് അദ്ദേഹം അതുകൊണ്ട് അയാളുടെ പ്രകൃതിയിൽ തന്നെ അതൊക്കെ ചില ആളുകൾ അങ്ങനെയുണ്ട് ലോകത്തില് നിങ്ങൾക്ക് കാണാം പെട്ടെന്ന് പെട്ടെന്ന് കോപിക്കും നമ്മളിപ്പോ അരകുറയായിട്ട് അധ്യാത്മകാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ അവര് കോപിക്കുന്നു അവര് ലൗകികരാണ് വീണുപോ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ചില സ്വാർത്ഥത ഉണ്ടാവില്ല ചിലപ്പോ കോപം വരും ആ കോപത്തിലും അവരുടെ സ്വാർത്ഥതയൊന്നും ഉണ്ടാവില്ല മഹാത്മാക്കളായിട്ടുള്ള പലർക്കും പോലും കോപം വരും വിവേകാനന്ദ സ്വാമികൾക്ക് നല്ല കോപം ഉണ്ടായിരുന്നു മദ്രാസിൽ വെച്ച് അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ട് ആരോ അദ്ദേഹത്തിന് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചോദിച്ചു പറഞ്ഞു തിരിച്ച് അപ്പൊ അടുത്തിരിക്കുന്ന ഒരാൾ ചോദിച്ചു സ്വാമി നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടാൻ പാടുവോ എന്ന് ചോദിച്ചു സ്വാമി പറഞ്ഞു പാടില്ല ദേഷ്യം വന്നു ഞാൻ എന്തു ചെയ്യും അപ്പൊ പ്രകൃതിയിൽ നിന്ന് അവര് വിട്ടു നിൽക്കുകയാണെങ്കിൽ പ്രകൃതിയിൽ നിന്നും മാറിയാണെന്ന് കണത് അവര് അവരുടെ പ്രകൃതിയിൽ ചിലതൊക്കെ ഉണ്ടാവും ആ പ്രകൃതി അവർക്കും ചെയ്യില്ല അപ്പൊ പ്രകൃതിയിൽ നിന്നും പിൻവലിയലാണ് ഏറ്റവും പ്രധാനം പ്രകൃതിയിൽ സത്വഗുണം രജോ ഗുണം എപ്പോഴും ഉണ്ടാവും ചില ആളുകളുണ്ടാവും കോപമേ വരില്ല അധികം ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ളവർക്ക് അധികം പേർക്കും കോപം വരില്ല അവരെ തല്ലിയാലും യേശു ക്രിസ്തു പറഞ്ഞ പോലെയുള്ളവരാണ് അവർ ചെകിടത്ത് ഒന്ന് കൊടുത്താൽ മറ്റേ ചെകിട് കാണിച്ചു തരും പിന്നെ തന്നെ നോക്കിക്കൊള്ളാന്നുള്ളിൽ പറയും എന്നാലും വെളിയിൽ ദേഷ്യപ്പെടില്ല അവരെയൊക്കെ നിങ്ങൾ ഏത് വകുപ്പിൽപ്പെടുത്തും ചില ആളുകളുണ്ട് അങ്ങനെ അപ്പൊ പുറം സ്പിരിച്വാലിറ്റി ഇസ് നോട്ട് ബിഹേവിയർ നോട്ട് ബിഹേവിയറിസം സ്പിരിച്വാലിറ്റി ട്രാൻസെൻസ് ബിഹേവിയർ ഈ ട്രാൻസെൻസ് ക്യാരക്ടർ ഇറ്റ് ഗോസ് ബിയോണ്ട് എവറിത്തിങ് ചില മഹാത്മാക്കളെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അവർ എത്ര ചീത്ത പറഞ്ഞാലും ചില മഹാത്മാക്കൾ അങ്ങനെയുണ്ട് അടുത്ത് പോകുന്നവർ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കും പക്ഷെ ഈ ചീത്ത കേട്ടിട്ട് പോയവർക്ക് പിന്നെയും ആ ചീത്ത കേൾക്കാൻ ഒരു സുഖമാണ് ചീത്ത കേൾക്കാനായിട്ട് അവരെടുത്തു പോവും ഈ ചീത്ത കേൾക്കുന്ന അവർക്കും തോന്നില്ല ഇവരെന്തെങ്കിലും ദ്വേഷം കൊണ്ട് ചീത്ത പറയുകയാണെന്ന് തോന്നില്ല അവർക്ക് സ്വാർത്ഥത മാത്രം പോയാൽ മതി ഒറ്റ ദൂഷ്യമേ നമ്മളിലുള്ളൂ സ്വാർത്ഥത അഹങ്കാരം ആ അഹങ്കാരം അവിടുന്ന് ബ്ലോട്ടഡ് ഔട്ട് ആയാൽ പ്രകൃതിയിൽ എന്തു ദൂഷ്യം ഉണ്ടെങ്കിലും ബാക്കി എന്തുണ്ടെങ്കിലും അതൊക്കെ ശരിയായിക്കൊള്ളും അതൊന്നു മാത്രം അവിടുന്ന് നീങ്ങിയാൽ അതിനാണ് പ്രാമുഖ്യം അതിനാണ് പ്രാധാന്യം സ്വാർത്ഥത അവിടുന്ന് എടുത്തു കളഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയായിക്കൊള്ളും എല്ല നന്മയിൽ കലാശിക്കും എല്ലാം നല്ലതിനാവും സ്വാർത്ഥതയാണ് സത്വഗുണത്തിനോടോ രജോ ഗുണത്തിനോടോ ജീവനെ ബന്ധിക്കുന്നത് സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങളും മനുഷ്യനെ കെട്ടിയിടും രാമകൃഷ്ണദേവൻ ഒരു കഥ പറയും ഒരാള് കാട്ടില് കുറെ പണമൊക്കെ ആയിട്ട് പോയി പോകുമ്പോ അയാളെ മൂന്ന് കള്ളന്മാരായിട്ട് വന്ന് കെട്ടിട്ടു ഒരാള് നല്ലവണ് ഒരു കള്ളൻ ഒരുപാട് അടിച്ചു ഒരു കള്ളൻ കെട്ടിയിട്ടു ഒരു കള്ളൻ നോക്കി നിന്നു കൊറേ കഴിഞ്ഞപ്പോ ആ നോക്കി നിന്ന കള്ളൻ പതുക്കെ വന്നിട്ട് ഇയാളുടെ കെട്ടൊക്കെ അഴിച്ചുവിട്ടു കാട്ടിന്റെ ബോർഡർ വരെ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു അത് അവിടെയാണ് ഗ്രാമം നീ പൊയ്ക്കോളൂ കേട്ടോ എന്നുള്ളൂ അപ്പൊ ഇയാൾ പറഞ്ഞു നീ എനിക്ക് ഇങ്ങനെ ഉപകാരം ചെയ്തുല്ലോ നീയ അങ്ങോട്ട് വരുവോ എനിക്കും അങ്ങനെ എൻട്രി ഇല്ല ഞാനും കള്ളനാണ് നല്ലവനാണെങ്കിലും കള്ളനാണ് ഈ ഉദാഹരണം വെച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നതാണ് ഈ അടിച്ച ആള് തമോ ഗുണിയാണ് കെട്ടിയിട്ടവൻ രജോ ഗുണിയാണ് ഈ അഴിച്ചുവിട്ടവൻ സത്വഗുണിയാണ് സത്വഗുണം സഹായിക്കും പക്ഷെ സത്വഗുണത്തിനും സത്യത്തിന്റെ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അഴിച്ചുവിടാൻ കഴിയും അതിനെ സത്സംഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും മഹാത്മാക്കളുടെ സന്നിധിയിൽ കൊണ്ടുപോകും രജോ ഗുണിയും തമോ ഗുണിയും സത്സംഗത്തിൽ കൊണ്ടു വന്നിട്ടും കാര്യമില്ല കൊറേ കാലം മുമ്പ് ഞാൻ ഒരാളെ ഒരാൾ സത്സംഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയപ്പോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് വിചാരിച്ചു ഒരു സത്സംഗത്ത് കൊണ്ടുപോയി അദ്ദേഹം മുഴുവൻ ഇരുന്നു മുഴുവൻ ഇരുന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോ എന്നോട് ചോദിച്ചു ഇവർക്ക് ഇതിനെങ്ങനെയൊക്കെ പറയണല്ലോ എത്ര പണം കിട്ടും ഇയാളെന്തിൽ കൂട്ടിക്കൊണ്ടുപോയല്ലോ എന്റെ തലയിൽ എടുത്തു അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ടും കാര്യമില്ല ഒന്നും കേട്ടിട്ടില്ലേ അയാള് മുഴുവൻ അപ്പോ സത്വഗുണത്തിന് മാത്രമേ ശ്രവിക്കാൻ പറ്റുള്ളൂ സത്വഗുണത്തിന് മാത്രമേ അത് ശരിയായ പോയി പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ രജോ ഗുണവും തമോ നമ്മളുടെ റോങ് സെന്ററിലാണ് നമ്മളെ ഇരുത്താം എന്തിലും അത് നെഗറ്റീവായിരിക്കും ചില ആളുകൾ ലോകത്തിൽ അങ്ങനെയുണ്ട് എന്തിലും അവർ നെഗറ്റിവിറ്റിയെ കാണുകയുള്ളൂ പോസിറ്റീവായി അവരൊന്നും കാണില്ല നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ ഏത് കോർട്ടറിൽ നിന്നാലും അവർ ഓപ്പോസിറ്റ് കോർട്ടറിൽ പോയി നിൽക്കും അവരുടെ അടുത്ത് പോയിരുന്ന മതി നമ്മള് വരണ്ടു പോയി കളയും ക്ഷീണിച്ചു പോയി കളയും അവർക്കാണ് തമോഗുടികൾ എന്ന പേര് തമോ ഗുണികൾ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അവരുടെ ഔട്ട്ലുക്ക് നെഗറ്റീവ് ആയിരിക്കും ലോകത്തിലെല്ലാം നെഗറ്റീവായിരിക്കും ദിവ്യ അങ്ങനെയുള്ളവർ സത്സംഗത്തിൽ വരും ചിലപ്പോൾ അത് സത്സംഗത്തിലുള്ള ബാക്ടീരിയ എന്താണ് വൈറസ് ആണ് സത്സംഗത്തിനും വരുവല്ലേ നമ്മള് ഒത്തിരി സത്സംഗം കേട്ടിട്ട് ഇത്തിരി ഭക്തി വേണം ജ്ഞാനം വേണം എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹവും ഒരു ഇൻസ്പിറേഷനൊക്കെ ഉണ്ടായിട്ട് തിരിച്ചു പോകുമ്പോ ഈ വൈറസ് വലതും കൂടെ കൂടും എന്നിട്ട് കൊറേ കഴിയുമ്പോ പറയും എന്തൊക്കെയോ പറഞ്ഞു ഇതൊന്നും ഈ കാലത്തൊന്നും പ്രായോഗിക ആവില്ലാന്ന് ആ ഒറ്റ റിമാർക്ക് മതി നമുക്കുണ്ടായ ശ്രദ്ധയും ഭക്തിയും ജ്ഞാനത്തിലുള്ള ഉത്സാഹവും ഒക്കെ ബലൂണില് കൊണ്ട് കുത്തിയാ കാറ്റ് പോണ പോലെ പോയി ഇത് വൈറസാണ് ഇത് തമോ ഗുണത്തിന്റെ സ്വഭാവമാണ് രജോഗുണമാവുമ്പോ പറയും ഈ സത്സംഗത്തെ നന്നായിട്ടുണ്ട് ഇത് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് ടിക്കറ്റ് വെക്കണം എന്ന് പറയും അത് രജോഗുണത്തിന്റെ സ്വഭാവമാണ് അത് അങ്ങനെ നോക്കുകയുള്ളൂ ചില ആളുകളുണ്ട് ചിലയിടത്ത് സത്സംഗമൊക്കെ അവരെ ഗംഭീരമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് സപ്താഹമൊക്കെ ഓർഗൈ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും ഒന്നും കേൾക്കില്ല അവര് എനിക്കറിയാം പത്ത് പതിനഞ്ച് ഇരുപത് വർഷം ഓർഗനൈസ് ചെയ്തിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട് അവരൊന്നും കേട്ടിട്ടില്ല എന്നുള്ള ആളുകളുണ്ട് അവരവിടെയൊക്കെ ഉണ്ടാവും അവിടെ ഉണ്ടാവും ഓടി നടക്കും സപ്താഹത്തിന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കും എടുത്ത് നിൽക്കും മുമ്പിൽ ഒരു മേസേജ് ഏറെ ഇട്ട് ചെയ്യും പക്ഷെ കേൾക്കാൻ പറ്റില്ല അവരുടെ അവരെ അതിനും ഉള്ളതല്ല അപ്പൊ ഇപ്പൊ തൽക്കാലം രജോ ഗുണ മണ്ഡലത്തിലാണ് അങ്ങനെയുള്ള ആളുകളെയും ഭഗവാൻ ഉപയോഗിക്കും അപ്പൊ രജോഗുണം പ്രവൃത്തി പ്രധാനമാണ് കർമ്മസംഘം തമോ ഗുണം നിദ്ര ആലസ്യം പ്രമാദം പ്രമാദമാണ് ഈ പറഞ്ഞ ദൂഷ്യ ഗുണങ്ങൾ എല്ലാത്തിലും നെഗറ്റിവിറ്റി കാണും പറഞ്ഞതൊക്കെ നെഗറ്റീവായിട്ട് എടുക്കും തലതിരിഞ്ഞെടുക്കും ഒന്നും ശരിക്കും ഉപയോഗപ്പെടില്ല രാമകൃഷ്ണദേവൻ അങ്ങനെയുള്ള ആളുകളെ പറയും അദ്ദേഹം വളരെ തമാശ പറയും സ്വാമി വിവേകാനന്ദൻ അന്ന് നരേന്ദ്രനാഥാണ് ചെറുപ്പക്കാരനായിരിക്കുമ്പോ അദ്ദേഹത്തിന് കാരുണ്യം വിവേകാനന്ദ സ്വാമിയുടെ ജന്മം മുഴുവനുള്ള ഒരു സ്വഭാവമാണ് ഈ കാരുണ്യം എല്ലാവർക്കും കിട്ടണം എല്ലാവർക്കും കിട്ടണം അപ്പൊ അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആരെങ്കിലും കുട്ടികളെ ഒക്കെ കൂട്ടിക്കൊണ്ടുവരും അദ്ദേഹത്തിന്റെ കൂടെ ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്തേക്ക് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ നേരം ഇരിക്കും അത് പതുക്കെ പതുക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കും പൂവല്ലേ പൂവല്ലേ എന്ന് പറയും അദ്ദേഹം വരുന്നില്ല എന്ന് കണ്ടാൽ അവര് പറയും ഞങ്ങള് അന്നൊക്കെ ബസ് സ്റ്റാൻഡല്ല ഈ ബോട്ട് ചേട്ടിയാണ് ഈ ബോട്ട് വരുന്ന കപ്പൽ തോണി വരുന്ന ഗംഗയുടെ തീരത്ത് ഞങ്ങൾ അവിടെ പോയി ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് പോകും അത്ര അപ്പോഴും അത്രയും നേരം ആ അവിടെ ഇരിക്കാൻ പറ്റില്ല എന്നാണ് തമോ ഗുണത്തില് സത്സംഗത്തിൽ ഇരിക്കാൻ പറ്റില്ല സത്സംഗത്തിൽ ചിലര് ഇരുന്ന് ഉറങ്ങുക ഒക്കെ ചെയ്യും ഉറങ്ങിയാലും അവര് തമോ ഗുണികളല്ല അവരിൽ തമസിന്റെ അംശമുണ്ട് പക്ഷെ സത്വപ്രധാനമാണ് തമസിന്റെ അംശമുണ്ടെങ്കിൽ പോലും തമോ ഗുണികളല്ലാവരും ആ തമോ പെട്ടെന്ന് പോകും തമോ ഗുണം പ്രധാനമായിട്ടിരിക്കുമ്പോൾ നെഗറ്റീവ് സെന്ററാണ് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുക ഒന്നും ഭഗവാനോട് നമ്മളെ ബന്ധിപ്പിക്കില്ല ഒക്കെ ലോകത്തിനോടായിരിക്കും ബന്ധിപ്പിക്കൽ അമ്പലത്തിലെ കമ്മിറ്റിക്കാരൊക്കെ നോക്കുക പലപ്പോഴും നോക്കിയാൽ കാണാം അവർക്ക് ഒറ്റ കാര്യത്തിലെ ശ്രദ്ധയുള്ളൂ പണം ചേർക്കണം എന്നിട്ട് എന്തു ചെയ്യാനാ പൂജ നട ചില അമ്പലങ്ങളിലുണ്ട് ചില സ്ഥലങ്ങളുണ്ട് അവർക്ക് പൂജ നടക്കുക അതൊന്നും ശ്രദ്ധിക്കില്ല ദേവന് നേദ്യം വെക്കുന്നത് വളരെ കുറച്ചായിരിക്കും അവിടെ ആരെങ്കിലും നാലുപേര് നാമം ജപിച്ചാൽ അതിനെ ഗേട് ചെയ്യും തമോ ഗുണം സ്ഥലത്തൊക്കെ ദൂഷിപ്പിക്കും തൊടുന്ന സാധനമൊക്കെ നാറ്റിപ്പിക്കും എല്ലാത്തിലും കരിപിടിപ്പിക്കും രജോഗുണം സർവത്ര പ്രവൃത്തിമണ്ഡലമാക്കി തീർക്കും കർമ്മപ്രധാനമാക്കി തീർക്കും സത്വഗുണത്തിനെ കളിയാക്കും ഏകാന്തത്തിലിരുന്ന് ധ്യാനിച്ചിട്ട് എന്ത് കാര്യം ലോകത്തിലിറങ്ങി പ്രവർത്തിക്കണം എന്ന് പറയും ഇത് രജോഗുണിയുടെ വാക്കാണ് സത്വത്തിൻ്റെ പ്രശാന്തി അത് മനസ്സിലാക്കില്ല പ്രവൃത്തിയാണ് പ്രധാനമെന്ന് വാദിക്കും സത്വഗുണം ബുദ്ധിയെ തെളിച്ചം വരുത്തും വേദാന്ത ശ്രവണത്തിന് നമ്മളെ പക്വമാക്കും കേൾക്കുമ്പോൾ തന്നെ പതുക്കെ പതുക്കെ പതുക്കെ സംവിത് ഉണ്ടാകും നമുക്ക് ശരീരം മനസ്സ് ുദ്ധി ഇതിൽ നിന്നൊക്കെ പിരിഞ്ഞ് ഞാൻ എന്ന സ്ഫൂർത്തി ശുദ്ധമായി തെളിഞ്ഞ് സ്പന്ദിക്കും ആത്മവിചാരത്തിന് സുഖമുണ്ടാവും വിചാരജ്ഞാനത്തിന് ആകർഷണമുണ്ടാകും ജീവൻ മുക്തന്മാരോടും ജ്ഞാനികളോടും നമ്മളെ ബന്ധിപ്പിക്കും ജ്ഞാനവിചാരത്തിലും ശ്രവണമനന നിധിധ്യാസനത്തിലും രുചിയുണ്ടാക്കും ഇതൊക്കെ സത്വഗുണത്തിന്റെ സ്വഭാവാണ് അതാണ് ഭഗവാൻ തുടർന്നു പറയണത് ഒമ്പതാമത്തെ ശ്ലോകം നോക്ക സത്വം സഞ്ജയത്തി രജകർമ്മി ഭാരത ജ്ഞാനമാവൃത്യു തമഹ പ്രമാദേ സഞ്ജയത്യുത്ത സത്വം സുഖേ സഞ്ചയത്തി സത്വം എന്തി എന്ന് വെച്ചാൽ നമ്മൾക്ക് ജ്ഞാനത്തിനൊക്കെ വഴി കാണിച്ചു തരും പക്ഷെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ പലർക്കും നിങ്ങളിൽ പലർക്കും തന്നെ അത് അറിയാം കുറച്ചു ദിവസം സത്സംഗം കിട്ടിയിട്ടില്ലെങ്കിൽ പോയി പോകുന്നു പിന്നെയും അത് വേണമെന്നാഗ്രഹം ആ സത്സംഗത്തിന് കിട്ടുന്ന സുഖത്തിൽ ഒട്ടിപ്പിടിക്കുകയാണ് സത്സംഗത്തിനെ ഉപയോഗിച്ച് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ട ആത്മവിചാരത്തിനെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊള്ളണം സത്സംഗം ഒരു ഡ്രഗ് പോലെ ആവാൻ പാടില്ല അത് അപ്പപ്പോ കിട്ടുന്നു സുഖം ഉണ്ടാവണു പിന്നെ അത് കഴിഞ്ഞ് പോയാൽ പോയി പിന്നെയും സത്സംഗം വേണം അപ്പൊ എന്താവുന്നു സത്സംഗമോ കാസറ്റോ സി ഡിയോ പുസ്തകമോ എന്തൊക്കെയാണെങ്കിലും ശരി നമ്മളിൽ നിന്ന് അന്യമായ എല്ലാം നമ്മൾക്കത് തരുന്ന സുഖം കുറച്ചു ദിവസം തന്നിട്ട് വിട്ടുപോകും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം അതിനെ ഉപയോഗിക്കുക ഉപയോഗിച്ച് പതുക്കെ പതുക്കെ നമ്മളുടെ വിചാരം വരുകയും വിചാരം കൊണ്ട് ആ കിട്ടിയ സത്സംഗത്തിൽ സത്വഗുണതലത്തിൽ കിട്ടിയ സുഖം നമ്മളുടെ ആത്മാവിന്റെ സുഖമാണെന്നും അത് നമ്മളുടെ ഉള്ളിലുണ്ടെന്നും അത് നമ്മളുടെ റിയൽ നേച്ചർ സ്വരൂപമാണെന്ന് അറിഞ്ഞ് ആ സ്വരൂപത്തിൽ ദൃഢനിഷ്ഠനായി ഇരിക്കാൻ ശ്രമിക്കുകയും സത്സംഗത്തിനെ പോലും ആശ്രയിക്കാൻ പാടില്ല കിട്ടുമ്പോൾ സത്സംഗത്തിൽ പ്രവേ പ്രവർത്തിക്കുക സത്സംഗത്തിൽ ഇരിക്കുക പക്ഷെ സത്സംഗം കിട്ടിയാലേ ഇത് ഉള്ളൂ എന്ന് ആശ്രയദോഷം വന്നാൽ സുഖേ സഞ്ചയത്തി സുഖത്തിൽ ആസക്തി ഉണ്ടാവും അപ്പൊ എന്താവും കാലാകാലത്തിന് സത്സംഗം പോയിക്കൊണ്ടിരിക്കും സത്സംഗം കഴിഞ്ഞാൽ പോകും അപ്പൊ ഈ പോക്കും വരവുമുള്ള സുഖമാണ് അപ്പൊ ഇപ്പോക്കും വരവുമില്ലാത്ത നിത്യനിരന്തര സുഖം വേണമെങ്കിലോ സത്സംഗത്തിൽ നിന്നുമുള്ള ജ്ഞാനത്തിനെ പതുക്കെ പതുക്കെ നമ്മളുടെയാക്കി ശ്രവണ മനന നിധിധ്യാസനാദികൾ കൊണ്ട് സത്യം സ്വായത്തമാക്കണം അല്ലെങ്കിൽ ചില ആളുകളുണ്ട് മഹാത്മാക്കളുടെ കൂടെ തന്നെ ജീവിതകാലം മുഴുവൻ ഇരുന്നിട്ട് പോലും ചിലപ്പോ അവർക്ക് കിട്ടാത്തവരുണ്ട് രമണ ഭഗവാൻ ചില ആളുകളോട് പറയും ടോക്സ് വിക്രമണ മഹിയിൽ കാണാൻ നിങ്ങൾക്ക് ഭഗവാന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല സുഖമുണ്ട് എന്നൊരു ഭക്തൻ പറയണു അപ്പൊ ഭഗവാൻ പറയണു കുറച്ച് ദിവസം ഇവിടെ ഇരുന്നാൽ നിന്റെ മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങും ഇപ്പൊ സുഖമുണ്ട് എന്ന് പറയണു ഇതിപ്പോൾ തൽക്കാലത്തേക്ക് മനസ്സ് ഈ സന്നിധിയെ ഭയന്നടങ്ങിയിരിക്കുകയാണ് കുറെ കഴിഞ്ഞാൽ ഇവിടെയും അത് പ്രവർത്തിച്ചു തുടങ്ങും അതുകൊണ്ട് ആദ്യം കിട്ടുന്ന ആ വേഗത്തിൽ തന്നെ സത്യത്തിനെ നമ്മളുടെ ആക്കണം തനിയെ ഇരുന്ന് വിചാരം ചെയ്ത് പഠിക്കണം മനനം ചെയ്യണം നിധിധ്യാസനം ചെയ്യണം സത്യത്തില് ദൃഢപ്രതിഷ്ഠിതനാവണം അങ്ങനെയില്ലെങ്കിൽ സത്വം സുഖേ സഞ്ചയിതി ഒരു ആന്തരികമായ സുഖത്തിൽ നമ്മളെ ആസക്തരാക്കി തീർക്കും സത്വഗുണം ി ഭാരത് രജോഗ കർമ്മത്തിൽ നമ്മളെ കൊണ്ടുപോയി ആസക്തരാക്കി തീർക്കും ചില ആളുകൾക്ക് ചെയ് ഒന്നും ചെയ്യാതിരിക്കാനേ സാധ്യമല്ല എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ട് അത് രജോഗുണമാണ് വേണ്ടാത്ത ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കും അതേപോലെ തമോ ഗുണം ചെയ്യും ജ്ഞാനം ആവർത്തിയതു തമഹാം ഉള്ളിലുള്ള ആത്മസ്വരൂപത്തിനെ മറച്ചു മേഘം സൂര്യനെ മറിക്കണ പോലെ ഒരു ആവരണം പ്രമാദേ സഞ്ചയത്യുത്ത് ജഡവസ്തുക്കളാണ് സത്യമെന്നും ജടവസ്തുക്കളെ സമ്പാദിക്കുന്നതാണ് ജീവിതത്തിൽ മുഖ്യമെന്നും ഒക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച കാമം ക്രോധം ലോപം മോഹം മതം ആത്സര്യം മുതലായ ദോഷങ്ങളൊക്കെ ഉണ്ടാക്കും തമോകുടം ഇതിൽ ഏതെങ്കിലും ഒന്ന് മറ്റേ രണ്ടിനെയും പുറന്തള്ളും അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കാം രജസ്തമശാഭിഭൂയ സത്വം രജസ്സത്വം തമശ്ശൈവം രജസ്തമിതി ഭാരത ചില ആളുകളിൽ രജോ ഗുണത്തിനെയും പുറംതള്ളി സത്വഗുണം മുൻപിലേക്ക് വരും ചില ആളുകളിൽ തമോഗുണത്തിനെയും സത്വഗുണത്തിനെയും പുറന്തള്ളി രജോ ഗുണം വരും ചിലരിൽ രജോ ഗുണത്തിനെയും സത്വഗുണത്തിനെയും പുറന്തള്ളി തമോ ഗുണം മുൻപിൽ വരും ഈ മൂന്ന് ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അഭിഭവം ഉണ്ടാവും അതിൻ്റെ പ്രാധാന്യമുണ്ടാവും സത്വഗുണം വന്ന ലക്ഷണം എന്താ അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് പതിനൊന്നാമത്തെ ശ്ലോകം നോക്കാം സർവദ്വാരേഷു ദേഹേസ്മിൻ ആത്മന ഉപലബ്ധിദ്ദീനി സർവാണി കണി തേ ദ്വരെയു അന്തഃക ബുദ്ധേ വൃത്തി പ്രകാശ അകാശവാച്യ സർവരേഷു ഉപജായതം യഥാ പ്രകാശ്ഞാന ഉപജായതാണപ്രകാശന ലിംഗേന വിദ്യം ഉദ്ഭൂതം സത്വം ഇന്ദ്രിയങ്ങളിലൊക്കെ ഒരു പ്രസന്നത പ്രകാശമുണ്ടാവും എന്നാണ് ദേഹത്തിലും ഒരു തരത്തിൽ തേജസ് ഉണ്ടാവും എന്നും പറയാം ബാഹ്യമായും ഒരു തേജസ് ബ്രഹ്മവർച്ചസ് ഉണ്ടാവും എന്നും പറയാം ബുദ്ധിക്ക് തെളിച്ചമുണ്ടാവും ലാഘവമുണ്ടാവും ശരീരത്തിന് ശരീരം വളരെ ലഘുവായിരിക്കും മനസ്സിന് നല്ല തെളിച്ചം പ്രസന്നത ഉണ്ടാവും അലേർട്ട്നസ് ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ സർവകരണങ്ങളും പ്രസന്നമായിരിക്കും മനസ്സിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല ചുമ്മാ ഏകാന്തത്തിലിരുന്നാലും ശാന്തമായിരിക്കും ഈ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ സത്വഗുണം വിവൃ ഉണർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം മാത്രമല്ല ജ്ഞാനത്തിൽ രുചിയുണ്ടാവും ബ്രഹ്മവിദ്യ കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ തെളിയും മനസ്സിലാവും മുമ്പൊന്നും മനസ്സിലാവാത്തതൊക്കെ സത്വഗുണം വിവൃദ്ധമാവുമ്പോൾ മനസ്സിലായി തുടങ്ങും തെളിഞ്ഞു തുടങ്ങും നല്ലവണ്ണം മനസ്സിലാവണു അപ്പൊ മനസ്സിലാക്കാം സത്വഗുണത്തിലാണ് ഇരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ഒക്കെ മനസ്സിലാവും ഗീതയോ ഉപനിഷത്തൊക്കെ അപ്പോ വിവൃദ്ധം സത്വമിത്യുത്ത് അപ്പൊ സത്വഗുണം പ്രബലമാണെന്ന് അറിഞ്ഞുകൊള്ളുക രജോ ഗുണം പ്രബലമാവുമ്പോഴോ അടുത്ത ശ്ലോകം ലോഭപ്രവൃത്തിരാരംഭാം കർമ്മണാമശമസ്പൃഹാം േത വിവൃ ലോഭ എത്ര കിട്ടിയാലും പോരാ എന്നാണ് പരദ്രവ്യ പരദ്രവ്യ ആദിത്സ മറ്റുള്ളവന്റെ കയ്യിൽ ഉള്ള പണം നോക്കുമ്പോ ഏത് വഴിക്കാ എന്റെ കയ്യിൽ വരാ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും ഏതെങ്കിലും വിധത്തിൽ അവരുടെ ഉള്ളിലുള്ള ബാങ്ക് ഡെപ്പോസിറ്റ് എന്റെ കയ്യിലേക്കായാൽ വണ്ടില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പണി പറ്റിച്ചിട്ട് അവിടെ നിന്നുള്ള പണത്തിന് ഇങ്ങടേക്ക് ഒരു ചാല് കീറി വിടണം ഇങ്ങോട്ട് ഒലിച്ചു വരാൻ വേണ്ട ഒരു ചാല് ഉണ്ടാക്കി വിടണം അതൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് പലരുടെയും തൊഴിൽ തന്നെ അതാണ് മറ്റുള്ളവരുടെ കയ്യിലുള്ള പണം ഇങ്ങോട്ടെങ്ങനെ വരും അതിനാണ് കുഴൽ പണം എന്ന് പറയാം അത് ഈ ട്യൂബിൽ വെള്ളം ഒഴുകണ പോലെ ഒഴുകും ഒരു സ്ഥലത്തുനിന്ന് വേറെ ഒരു സ്ഥലത്ത് പരദ്രവ്യാദിത്സാന്നാണ് അത് കുഴലിന്ന് വെള്ളം ഒഴുകണ പോലെ ഒഴുകാം അപ്പോ ലോഭ എത്ര കിട്ടിയാലും പോരാ എന്നാണ് സാധാരണ ജോലിയിലിരിക്കുന്നു പോരാ ഒരു അമ്പതിനായിരം റുപ്യ ശമ്പളം വേണം അപ്പോഴാണ് പറയണത് അമേരിക്കയിൽ പോയാൽ രണ്ടു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന വെച്ചാൽ അവിടെ പോവാം പിന്നെ അവിടെയും ഈ ജോലി മാറി വേറൊരു ജോലി അതിൽ കൂടുതൽ ശമ്പളം കിട്ടും കിട്ടിയാലോ കിട്ടിക്കൊണ്ടേയിരിക്കും ഇയാൾ പണിയെടുത്തുകൊണ്ടേയിരിക്കും മനുഷ്യന് പ്രവർത്തിക്കാൻ ആഗ്രഹം വരുമ്പോൾ ശക്തിയും വരും ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേ ആൽമീകി രാമായണത്തിൽ ഭഗവാൻ വനവാസത്തിന് പുറപ്പെട്ടപ്പോൾ ദാനം ചെയ്യും ആളുകൾക്ക് വസ്തുക്കളൊക്കെ കൊടുക്കും അപ്പൊ എല്ലാം ഒരുമാതിരി കൊടുത്തു കഴിയുമ്പോഴാണ് ത്രിചട ബ്രാഹ്മണൻ അവിടെ വരുന്നത് അദ്ദേഹം നല്ല തപസ്വയാണ് പക്ഷെ ഭാവം ദാരിദ്ര്യമാണ് വിഷമാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ വേണ്ടല്ലാന്നുള്ള ആഗ്രഹത്തോടെയാണ് വരുന്നത് അദ്ദേഹത്തിന് ഒട്ടിയ വയറും നടക്കാൻ വയ്യാതെ വടിയും കുത്തിക്കൊണ്ട് വരുന്ന കണ്ടപ്പോൾ രാമന് തന്നെ ചിരി വന്നു തമാശ തോന്നി അപ്പൊ രാമൻ പറഞ്ഞു അങ്ങക്ക് എന്താ വേണ്ടത് പശു വേണം ശരി ഒരു കാര്യം ചെയ്യൂ അങ്ങയുടെ കയ്യിലുള്ള ദണ്ട് ആ ദണ്ട് എറിയ എത്ര ദൂരത്തേക്ക് ആ ദണ്ട് പോകുമോ അത്രയും ദൂരത്തേക്ക് വരി വരിയായി നിർത്തി പശുവിനെ തരാം എന്ന് പറഞ്ഞു രാമൻ അപ്പൊ രാമൻ രാമം പോലും കൂട്ടാക്കിയില്ല കാരണം ഇദ്ദേഹത്തിന് നടക്കാനേ ശക്തിയില്ലേ എത്ര ദൂരത്തേക്ക് തന്നെ എറിയും പാവം ദണ്ട് അവിടെ തന്നെ വീഴുവായിരിക്കും അദ്ദേഹം എന്ത് ചെയ്തു അത്ര പശുവിനെ കിട്ടുവോ ആ തോളിലിരിക്കണ ഉത്തരിയുമെടുത്ത് ഇടുപ്പിൽ അങ്ങോട്ട് കെട്ടി അത്രേ മുറിക്കൊരങ്ങിട്ട് കെട്ടി എന്നിട്ട് ആ ദണ്ട് ചുഴറ്റി ഒരേറെ എറിഞ്ഞപ്പോ ആ ദണ്ട് സരയൂ നദി കിടന്ന് അങ്ങോട്ട് പോയി പോകണമെന്നാണ് ആഗ്രഹത്തിന്റെ ബലമേ വരി വരിയായി നിർത്തി പശുവിനും കൊടുത്തു അത് വാൽമീകി പറഞ്ഞേക്കത് ആ ഉത്തരീയം എടുത്ത് ഇടുപ്പിൽ കെട്ടിയിട്ട് ആ ദെടുത്തോരേറു കൊടുത്തോ സറിയുന്നതി ലോഭപ്രവൃത്തി അപ്പൊ ലോഭം എത്ര കിട്ടിയാലും പോരാ നടക്ക് കിട്ടുവോ അത് കിട്ടുവോ എത്ര കിട്ടുവോ തോന്നിക്കൊണ്ടേയിരിക്കുന്നു ഒരിക്കൽ ഒരു രാജാവ് മന്ത്രിയോട് പറഞ്ഞു അത്ര ആളുകൾക്ക് കിട്ടുന്നതിനു അവസാനം ഉണ്ടാവുമോ ആർക്കെങ്കിലും സംതൃപ്തി ഉണ്ടാവുമോ അങ്ങനെ സംതൃപ്തി ഉള്ള ആളുകൾ ലോകത്തിൽ ഉണ്ടാവുമോ ഒന്ന് പരീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് പേരെ വിളിച്ചിട്ട് രാജാവ് പറഞ്ഞു നിങ്ങൾ ഇന്ന് രാവിലെ ആറുമണി മുതൽ എത്ര ദൂരം നിങ്ങൾക്ക് ഓടാൻ പറ്റുമോ അത്രയും ദൂരം ഓടിയിട്ട് വന്നാൽ അത്രയും സ്ഥലം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു രാജാവ് ഈ പോയ പത്ത് പേരും തിരിച്ചു വന്നില്ലേ പോയ പത്ത് ആളുകളും തിരിച്ചു വന്നില്ല എന്നാണ് ഓടിക്കൊണ്ടേ ഇനി തിരിച്ചു വന്നിട്ട് കണ്ടേ കൊടുക്കാൻ അതിനൊരു അവസാനമില്ല ആശയ്ക്കോർ അളവില്ല അഖിലമെല്ലാം കട്ടിയാളിനും തായ്മാനോര സ്വാമികളുടെ ഒരു പാട്ടാണ് ആശയ്ക്കോർ അളവില്ലേ അഖിലമെല്ലാം കട്ടിയാളിനും ലോകം മുഴുവൻ എന്റെ കയ്യിൽ വന്നാലും കുബേരനോളം ധനമുണ്ടെങ്കിലും പോരാ ഇനിയും വേണം തോന്നുന്നു അത്രേ ലോഭ പ്രവൃത്തി ആരംഭ അതിനുവേണ്ടി പ്രവർത്തിക്കും അതിനുവേണ്ടി പുതിയ പുതിയ പ്രവൃത്തികൾ തുടങ്ങിവെക്കും കർമ്മണാം അശമഹ രജോ ഗുണം വിവൃതമായിരിക്കുമ്പോൾ കർമ്മം ഒഴിഞ്ഞ സമയമേ ഉണ്ടാവില്ല പ്രവൃത്തി ഒഴിഞ്ഞ ഒരു സമയമേ അവർക്ക് ഉണ്ടാവില്ല എപ്പോഴും എന്തെങ്കിലും ഉണ്ടാവും കർമ്മണം അശമഹ സ്പൃഹ ഇതൊക്കെ കർമ്മയോഗികൾക്ക് ബാധകമല്ല സ്വാർത്ഥ കർമ്മത്തിനെ ചില ആളുകൾ മഹാത്മാക്കളായിട്ടുള്ള ആളുകളും നിരന്തരം പ്രവർത്തിക്കും പക്ഷെ അവർക്ക് വേണ്ടിയൊന്നും ചെയ്യില്ല അവർ പ്രവർത്തിച്ചു ആർക്കെങ്കിലും ഉപകാരത്തിന് ലോകമംഗലത്തിനു വേണ്ടി ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കും അത്തരം പ്രവൃത്തിയെ അല്ല ഇവിടെ പറയണത് സ്വാർത്ഥ മണ്ഡലത്തിലുള്ള പ്രവൃത്തിയാണ് നല്ലവണ്ണം വ്യത്യാസം അറിയണം ചില ആളുകളുണ്ട് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും സമൂഹത്തിന് വേണ്ടിയോ ആർക്കെങ്കിലും വേണ്ടിയോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അവരുടെ പ്രവൃത്തി പ്രകൃതിയുടെ പ്രവൃത്തിയാണ് അവർക്കൊന്നും നേടാനില്ല അവരെ ആ പ്രവൃത്തി തന്നെ അവർക്ക് യോഗമായിട്ട് തീരുകയും സാധനയായിട്ട് തീരുകയും അവർക്ക് ഭക്തിയായിട്ട് തീരുകയും ഒക്കെ ചെയ്യും അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും തോറും അവർ കൂടുതൽ കൂടുതൽ ഭഗവത് പ്രിയന്മാരായിട്ട് തീരും അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്ന ആളുകളുണ്ട് ലോകത്തിൽ അങ്ങനെയുള്ളവരുടെ പ്രവൃത്തിയല്ല സ്വാർത്ഥമായി ആഗ്രഹത്തോടു കൂടെ കർമ്മത്തിന് അവസാനമേയില്ല കർമ്മ സ്പൃഹ ആഗ്രഹം രജോ ഗുണം പ്രബലമാവുമ്പോ ഉണ്ടാവും തമോ ഗുണം ഗീതയിലേ ഒരാളുടെ അടുത്ത് ഗീത വായിക്കാൻ പറഞ്ഞു എന്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ഗീത വായിക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷെ ഈ പതിനാലാമത്തെ അധ്യായം മാത്രം മനസ്സിലായി എനിക്ക് അതിൽ എന്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു അദ്ദേഹം അത് എന്താ ലക്ഷണം എന്ന് വെച്ചാൽ തമോ ഗുണലക്ഷണമൊക്കെ നോക്കുമ്പോ എന്റെ ലക്ഷണമൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കുറെ വർഷം മുമ്പ് ഒരാളുടെ അടുത്ത് വായിക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞതാ അത് നമ്മൾ നാളെ കാണും നാളെ വീണ്ടും ഈ ഗുണത്രയങ്ങളിലേക്ക് ഓരോന്നിന്റെയും ലക്ഷണം നോക്കി കാണാം ൃത്കിരീടം ഫാളനേത്രാക്ഷിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരതികൂട്ട ശുദ്ധമകുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവാ ശിവംഭോ മഹാദേവേശ ശംഭോ ശംഭോ അംഗേ വിരാജുജം അഭ്രഗംഗാതരാമോത്തമാകാരടീകുരംഗം സിദ്ധസംസേവിതാഘ്രി ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവാ ശിവംഭോ മഹാദേവദ ശംഭു ശംഭോ മഹാദേവദേ നിിദന്ദശേഷോകേശ വൈരി പ്രതാ കാ കവരാഗേന്ദ്രചാസം ഭജേ ദിവസന്മാർബന്ധു ശംഭോ മഹോ മഹാദ ശംഭോ ശംഭോ മഹാദേവദ കർപ്പർപ്പശം കാളകഠം മഹേശം മഹാവ്യോമകേശം കുന്ദേഷ സൂര്യ പ്രകാശം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാ ദേശംഭോ ശംഭോ മഹാദേവദേവ ൂദേരുദാരം മന്ദ രാഗേന്ദ്രസാരം മഹാശവ്യദൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജതി ധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവ ശിവ ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവാ सर्वे संतु, सर्वे സേവ സുഖിന് സന് സന്തുരാമയാേ ഭദ്രാണി പശ്യോ മാ കിത് ദുഃഖഭവ് യമാത്മാവസി ത്വമ തോന്നും മമ കിദസ്തിയേഷ്ടം കൂരുമാണം ഭമ ഹര നമു പാർവതപതേ ഹരഹര മഹാദേ